അള്ളാഹു സുബഹാനഹൂവത്ത ആല ആരെ സന്മാർഗത്തിലാക്കുന്നുവോ അവൻ സന്മാർഗത്തിലായവനാകുന്നു അവൻ ആരെ വഴിപുഴപ്പിക്കുന്നുവോ അവൻ അവനല്ലാത്ത ഒരു രക്ഷാകർത്താവിനെയും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല പുനരുത്ഥാന നാം അവരെ അന്ധരും മൂകരും ബധിരരുമായി മുഖംകുത്തി ഒരുമിച്ചുകൂട്ടും അവരുടെ സങ്കേതം നരകമായിരിക്കും അതണയുമ്പോഴെല്ലാം നാം അവർക്ക് ജ്വാലകൾ വർദ്ധിപ്പിച്ചുകൊടുക്കും